ധ്യായം മുപ്പത്തി ഒന്ന് ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രയേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭവിഗ്രഹങ്ങളെ തകർത്തു എല്ലാ യഹൂദയിലും ബെന്യാമീനിലും യഫ്രൈമിലും മനശയിലുമുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു പിന്നെ ഇസ്രയേൽ മക്കളെല്ലാവരും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി അനന്തരം യഹിസ്കിയാവ് പുരോഹിതന്മാരുടെയും ലേവ്യറുടെ കൂറുകളെ കൂറുകൂറായി ഓരോരുത്തനെ അവനവന്റെ ശുശ്രൂഷപ്രകാരം പുരോഹിതന്മാരെയും ലേവ്യരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളിൽ ശുശ്രൂഷിപ്പാനും സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തുവാനും നിയമിച്ചു ഹോമയാഗങ്ങൾക്കായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കായിട്ടും ശപത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയാഗങ്ങൾക്കായിട്ടും തന്നെ സ്വന്തവകയിൽ നിന്ന് ഒരോഹരി നിശ്ചയിച്ചു എരുശലേമിൽ പാർത്ത ജനത്തോട് അവൻ പുരോഹിതന്മാരും ലേവിലും യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഉറ്റിരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുപ്പാൻ കൽപ്പിച്ചു ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രയേൽ മക്കൾ ധാന്യം വീഞ്ഞ് എണ്ണ തേൻ വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു എല്ലാറ്റിന്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു യഹൂദാനഗരങ്ങളിൽ പാർത്ത ഇസ്രയേലൃരും യഹൂദ്യരും കൂടെ കാളകളിലും ആടുകളിലും ശാംശവും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദിത വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് പൂമ്പാരമായി കൂട്ടി മൂന്നാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടിത്തുടങ്ങി ഏഴാം മാസത്തിൽ തീർത്തു യഹിസ്കിയാവും പ്രഭുക്കന്മാരും കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ അവർ യഹോവയെയും അവന്റെ ജനമായ ഇസ്രയേലിനെയും വാഴ്ത്തി യഹിസ്കിയാവ് പൂമ്പാരങ്ങളെക്കുറിച്ച് പുരോഹിതന്മാരോടും ലേവ്യരോടും ചോദിച്ചു അതിന് സാദോക്കിന്റെ ഗ്രഹത്തിൽ മഹാപുരോഹിതനായ അസരിയാവനോട് ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയതു മുതൽ ഞങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്നുത്തരം പറഞ്ഞു അപ്പോൾ യഹിസ്ക്യാവ് യഹോവയുടെ ആലയത്തിൽ അറകൾ ഒരുക്കുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദശാംശങ്ങളും നിവേദിത വസ്തുക്കളും വിശ്വസ്തതയോടെ അകത്ത് കൊണ്ടുവന്നു ലേവിനായ കോനന്യാവ് അവയ്ക്ക് മേൽവിചാരകനും അവന്റെ അനുജൻ ശിമയി രണ്ടാമനുമായിരുന്നു യഹിസ്കൃ രാജാവിന്റെയും ദേവാലയ അസരിയാവിന്റെയും അജ്ഞപ്രകാരം യഹിയേൽ അസസ്യാവ് നഹത്ത് അസാഹേൽ യരിമോത് യോസാബാദ് എലിയൽ ഇസ്മഖ്യാവ് മഹത് ബനായാവ് എന്നിവർ കോനന്യാവിന്റെയും അവന്റെ അനുജൻ ഷിമയ്യുടെയും കീഴിൽ വിചാരകന്മാരായിരുന്നു കിഴക്കേ വാതിൽക്കാവൽക്കാരനായി ലേവിനായ ഇമ്നയുടെ മകനായ കോരെ യഹോവയുടെ വഴിപാടുകളെയും അതിവിശുദ്ധ വസ്തുക്കളെയും വിഭാഗിച്ചു കൊടുപ്പാൻ ദൈവത്തിനുള്ള ഔദാര്യദാനങ്ങൾക്ക് മേൽവിചാരകനായിരുന്നു അവന്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കൂറുകൂറായി കൊടുപ്പാൻ ഏതൻ മിന്യാമിൻ യേശുവ ശെമയ്യാവ് അമരിയാവ് ശഖന്യാ എന്നിവർ പുരോഹിത നഗരങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മൂന്ന് വയസ്സു മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിന്റെ ആവശ്യം പോലെ കൂറുകൂറായി താന്താങ്ങളുടെ തവണയ്ക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ആലയത്തിൽ വരുന്നവരെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പിദർഭവനം പ്രതിർഭവനമായി ചാർത്തപ്പെട്ടവരെയും ഇരുപത് മുതൽ മേലോട്ട് കൂറുകൂറായി താന്താങ്ങളുടെ തവണമുറയ്ക്ക് ചാർത്തപ്പെട്ട ലേവ്യയും ഒഴിച്ചിരുന്നു സർവസഭയിലും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ ചാർത്തപ്പെട്ടവർക്കും കൂടെ ഓഹരി കൊടുക്കേണ്ടതായിരുന്നു അവർ തങ്ങളുടെ ഉദ്യോഗങ്ങൾക്കൊത്തവണ്ണം തങ്ങളെ തന്നെ വിശുദ്ധിയിൽ വിശുദ്ധീകരിച്ചു പോന്നു പുരോഹിതന്മാരുടെ സകല പുരുഷപ്രജയ്ക്കും ലേവ്യരിൽ വംശാവലിയായി ചാർത്തപ്പെട്ട എല്ലാവർക്കും ഓഹരി കൊടുക്കേണ്ടതിന് അവരുടെ പട്ടണങ്ങളുടെ പുൽപുരപ്രദേശങ്ങളിലെ അഹരോന്യരായ പുരോഹിതന്മാർക്കും ഓരോ പട്ടണത്തിൽ പേർവിവരം പറഞ്ഞിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നു യഹിസ്കിയാവ് യഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു തന്റെ ദൈവമായ ഹോവിയുടെ സന്നദ്ധയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു